ഇങ്ങനെയാണ് സിദ്ധാന്തി പറയുന്ന ശങ്കരാചാര്യ എന്ത്യുന്നല്ല ശങ്കരാതൊക്കെയാണ് പറയുന്നതെന്ന് പാമതികാരനെന്ന് പറയുകയാണ് എന്തിന് ശങ്കരാചാര്യ പറഞ്ഞ വ്യാഖ്യാനത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് ആനന്ദരിയാർത്ഥത്തെ സമർത്ഥിക്കുകയെന്നല്ല അഥശബ്ദത്തിന് അതിന്റെ ആവശ്യമുണ്ട് പിന്നെ ഞങ്ങൾ ആനന് അനന്തരം എന്ന അഥശശബ്ദത്തിന് അർത്ഥം പറയുന്ന എന്തിനു അതിന് മുമ്പൊന്നുണ്ട് സാധന ജയിഷ്ടെ സമ്പത്തി പൂർവപ്രകൃതം എന്ന് പറയുന്ന അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അനന്തരം എന്ന് പറയുന്നത് അല്ല വെറുതെ അനന്തരം എന്ന് പറയുക അല്ല എന്നാണ് എന്ന് ഭാഷകാരന്റെ അഭിപ്രായം പാമതികാരൻ പറയുന്നു സാല പൂർവപ്രകൃത അർത്ഥാപേക്ഷത്വ പിസ എന്ന് പറയുന്നത് ആനന്ദരി ആനന്തരീയ അർത്ഥം എന്ന് പറയുന്നത് പൂർവപ്രകൃതം എന്ന് പറയുന്ന അർത്ഥത്തെ ആശ്രയിച്ചാലും ശബ്ദത്തിന് രണ്ടർത്ഥങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് ആനന്ദര്യം മറ്റൊന്ന് പൂർവ്വപ്രകൃതം അപ്പൊ ഈ ആനന്ദര്യം എന്ന് പറയുന്ന അർത്ഥം പൂർവപ്രകൃതം എന്ന് പറയുന്ന അർത്ഥത്തെ അസ്വീകരിച്ചാലും കിട്ടും ഇതാണ് ഭാഷകാരം പറയുന്നതിന്റെ താല്പര്യം എന്നാണ് പതിശബ്ദത്തിന് ആനന്ദര്യം എന്ന് പറയുന്നൊരർത്ഥം പൂർവപ്രകൃതം എന്ന് പറയുന്നൊരു അർത്ഥത്തെ സ്വീകരിച്ചാലും കിട്ടും എന്തുകൊണ്ട് പൂർവ്വപ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വത്തിലുള്ള ഒന്ന് പൂർവ്വത്തിലുള്ള എന്താണ് സാനുചേ സമ്പത്ത് അനന്തരം ജിജ്ഞാസ എന്ന് പറയുന്നത് അതുകൊണ്ട് പൂർവപ്രകൃതം മുമ്പിലുള്ള ഒന്നുള്ള അർത്ഥത്തെ ആശ്രയിച്ചാലും അത് ശബ്ദി എന്ത് സിദ്ധിക്കുന്നു ആനന്തരിയാർത്ഥം അതുകൊണ്ട് ആനന്തരീയ അർത്ഥത്വഅ അവധാരണ ആഗ്രഹവും അസ്മാക്കി അതുകൊണ്ട് ആനന്തര അർത്ഥം എന്ന് ഉറപ്പിക്കുക അതേ ഉള്ളു എന്ന് ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അത് ശബ്ദത്തിന് ആനന്ദര അർത്ഥമേ ഉള്ളൂ എന്ന് പറയാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്ന് സിദ്ധാന്തി ഭാഷ്യകാരം പറയുന്നതാണ് തമതികാലം പറയും പൂർവപ്രകൃത എന്ന് പറയുന്ന അർത്ഥത്തെ എടുത്താലും ആനന്ദരി എന്നുള്ള ൊണ്ട് അത് ശബ്ദത്തിന് ആനന്തര്യം എന്ന് പറയുന്ന ഒരർത്ഥമേ ഉള്ളൂ എന്ന് പറയാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഭാഷകാലം പറയുന്ന അത് അധശബ്ദത്തിന് രണ്ടർത്ഥവും പൂർവപ്രകൃതം എന്ന് പറയുന്ന അർത്ഥവുമുണ്ട് ആനന്ദര്യം എന്ന് പറയുന്ന അർത്ഥമുണ്ട് രണ്ടർത്ഥം കൊണ്ട് എന്താ പ്രയോജനം തന്നെ തന്നെ പൂർവപ്രകൃതമെന്ന് പറഞ്ഞാൽ എന്താണ് ജിജ്ഞാസയ്ക്ക് മുമ്പുള്ളത് സാധന ജോലിഷ്ട സമ്പത്ത് അനന്തരം എന്ന് പറഞ്ഞാൽ സാധന സംബന്ധിച്ച് അനന്തരം അതാണ് ഭരത എന്ന് പറയുന്നത് ആനന്ദരം എന്ന് പറഞ്ഞാലും പൂർവപ്രകൃതം എന്ന് പറഞ്ഞാലും രണ്ടും ഫലത്തിൽ ഒന്ന് എന്നാണ് ഭാഷകാലം പറയും എന്ത് ഭാഗികാരം വ്യാഖ്യാനിക്കുന്നു പാഷ്യകാലം പറയുന്നു ഫലത ആനന്ദരി അഭ്യതരി പറഞ്ഞു പൂർവ്വ പ്രകൃതാപേക്ഷ ഫലദാനന്തര പൂർവ്വ പ്രകൃതാപേക്ഷാ ഫലത്തിൽ ആനന്തര്യം തന്നെ അഭിതരീക എന്നു വെച്ചാൽ വേറെയല്ല ഇപ്പം ശ്രമം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ തർക്കവിതർക്കങ്ങളെ ഉണ്ടാകുന്നത് ഭാഷകാരന് എവിടെയെങ്കിലും ഒരു ചെറിയ പെശവ് വന്നാൽ അത് ശരിയല്ല എന്ന് സമ്മർദ്ദിക്കും ഇത്രയും വലിയ തർക്കവിതർക്കങ്ങളിലേക്ക് പോകുന്നത് വലിയ ആശയവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളും ബ്രഹ്മസൂത്രത്തിൽ പറയാൻ പോകുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ് എന്നാൽ പൂർവമീമാംസയില് എന്താണ് പൂർവപ്രകൃത അപേക്ഷ ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ അംഗീകരിക്കുന്നുണ്ട് അതിന്റെ ചുവട് പിടിച്ച് ഭാഷകാരനും പറഞ്ഞു പൂർവമീമാംസയിൽ പൂർവപ്രകൃതം എന്ന് പറയുന്ന അർത്ഥത്തെ സ്വീകരിക്കാമെങ്കിൽ ഇവിടെയും സ്വീകരിക്കാം അതാണ് ഭാഷകാരന്റെ നിലപാട് ഇപ്പൊ പൂർവമീമാംസനുസരിച്ചാണ് ഈ അർത്ഥങ്ങൾ എന്നു പ്രത്യേകിച്ച് ഒന്നാമത്തെ സൂത്രത്തിന്റെ അർത്ഥം അഭിഭാഷ്യകാരന്റെ മനസ്സിൽ ദാമ്പതികാരൻ പറയുന്നത് എന്താണ് ഇവിടെ പൂർവപ്രകൃത അപേക്ഷ പൂർവ്വപ്രകൃതം എന്നൊരു അർത്ഥം എടുക്കാനേ പറ്റത്തില്ല ഭാഷകാരം പറഞ്ഞേ ശരിയല്ല ഇവിടെ ഒരു അർത്ഥമേ ഉള്ളൂ എന്താണ് അനന്തരം ഭാഷകാരം പറഞ്ഞതിനെന്ത് ചെയ്തു എന്ത് ചെയ്തു വണ്ണിച്ചു അതാണ് അതിനടുത്ത് പറയുന്നു തത് ഹിതമുക്ത ഈ പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് അതാണ് ഫലത എന്ന് പറഞ്ഞു ഫലതാന്ന് പറഞ്ഞാൽ എന്താണ് ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെ പൂർവപ്രകൃതമെന്ന് പറഞ്ഞാലും അനന്തരം എന്ന് പറഞ്ഞാലും ഫലത്തിൽ ഒന്ന് എണ്ണ എന്തുകൊണ്ട് സാമൂഹ്യയെ സംബന്ധിക്കാൻ അനന്തരം ജിജ്ഞാസ ഇത് പൂർവവിമാസകർ അംഗീകരിച്ച കാര്യമാണ് അധാദോ ധർമ്മ വിന്യാസം അവിടെ അംഗീകരിച്ച ഒരു കാര്യമാണ് ഭാഷകാരൻ ഇവിടെ അത് അംഗീകരിച്ചു പാമ്പതികാരൻ പറയുന്നത് ശരിയല്ല പരമാർത്ഥത സ്വ അതാണ് അടുത്ത് പറയുന്നത് പറഞ്ഞത് ഭാഷകാരം പറഞ്ഞത് ശരിയല്ല എന്തുകൊണ്ട് കല്പാന്തര ഉപന്യാസേ പൂർവപ്രകൃതാപേക്ഷ പൂർവ പ്രകൃതാപേക്ഷ വരുന്നത് എവിടെയാണ് രണ്ടുപക്ഷം വരുന്നത് അവിടെ അതുപോലെ അധ നിത്യ ആത്മ അധ അനിത്യ എന്ന് വന്നാമത്തെ അഥ പൂർവപ്രകൃതപേക്ഷണം വെച്ചാൽ രണ്ടാമത്തെ അത് ആദ്യത്തെ ആ അധയെ പരാമർശിക്കുകയാണ് അധ നിത്യ ആത്മാവും നിത്യമാണോ അധ എന്ന് പറഞ്ഞാൽ ആ അധയുടെ അർത്ഥം ഇവിടെ എന്താവും അധ അനിത്യർത്ഥത്തിലാണോ അധ നിത്യാത്മ ആത്മാവും നിത്യമാണോ രണ്ടാമതെന്ന് പറയുന്നു അധ ഈ അഥ എന്താണ് ആദ്യത്തെ അഥയെ സൂചിപ്പിക്കേണ്ട എന്താണ് ആ അധയുടെ അർത്ഥം അനിത്യം ഒന്നാണ് ആത്മാവ് അനിത്യൊന്നാണ് അതാണ് പൂർവപ്രകൃതം അപ്പൊ ഇവിടെ വികൽപ്പം എന്നുള്ള അർത്ഥം വരും അതാണ് ആത്മാവ് നിത്യമാണോ അതോ അനിത്യമാണോ എന്ന് പറയുന്നു പക്ഷാന്തരം വേറൊരു പക്ഷം അവർ ഇന്ന് എന്താണ് കൽപ്പാന്തരോപന്യാസെ മറ്റൊരു പക്ഷത്ത് നിർദ്ദേശിക്കുന്നിടത്ത് പൂർവപ്രവത അപേക്ഷ എന്നുവച്ചാൽ കൽപ്പാന്തരോപന്യാസം ഇവിടെ അത അതോ ബ്രഹ്മ ജിജ്ഞാസ ഇവിടെ രണ്ടുപക്ഷം പറയുന്നില്ല ഒരുപക്ഷമേ അതാന്ന് പറയുന്നത് കൊണ്ട് അവിടെ അതോ എന്ന് പറയുന്ന മുമ്പ് വേറെങ്കിലും പറയണം വേറെ പറഞ്ഞിട്ടില്ല എന്താണ് ഇവിടെ എന്നുവച്ചൽപാന്തര ഉപന്യാസീ പരിപാരിശേഷ്യ പിന്നെ പരിശേഷന്യായ പിന്നെ ശേഷിക്കുന്ന എന്താണ് ആനന്ദരി അർത്ഥം അതുകൊണ്ട് ഇവിടെ എന്താണ് ആനന്ദര്യെന്ന് പറയുന്നൊരു അർത്ഥമേ ഉള്ളൂ ഭാഷകാരം പറഞ്ഞ എന്താണ് പൂർവപ്രകൃതാപേക്ഷനന്ത അഭിരേഖ എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടർത്ഥ എടുക്കേണ്ട കാര്യം ഇല്ല പിന്നെന്തർഥമേ ഉള്ളൂ അപ്പൊ കർഷകാരന് എന്താണ് അലങ്കൃത്യ ശിരച്ഛേദെന്ന് പറയും ഒരാളെ വളരെയധികം ബഹുമാനിച്ചിട്ട് എന്തെയ്യുന്നു അതെ കർഷികാരനെ കുറിച്ച് ആദ്യം എന്താ പറഞ്ഞത് ശുദ്ധീകരിക്കുമ്പോൾ എന്റെ വാക്കുകളെ ശുദ്ധീകരിക്കും എന്നാണ് എന്തെങ്കിലും ഇപ്പം പവനികാരൻ എന്ത് ചെയ്യുന്നു ഭാഷകാരന്റെ വാക്കിനെ ശുദ്ധീകരിക്കും താൻ ഗംഗീയമായി ഭാഷകാരൻ എന്തായി അതിന് ശുദ്ധീകരിക്കുന്നു ഇത് അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പഴയ സമ്പ്രദായം വ്യാഖ്യാനം എഴുതുമ്പോൾ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ശരിയെന്ന് മാത്രം പറയല്ല കണ്ട ജോലി അതിനകത്തുള്ള എന്തെങ്കിലും പോരായ്മകളുണ്ടായാൽ അതിനെ എടുത്തു കാണിക്കുക അതും വ്യാഖ്യാതാവിന്റെ ജോലിയാണ് അതുകൊണ്ട് വ്യാഖ്യാത വ്യാഖ്യാന സമ്പ്രദായം അനുസരിച്ച് തെറ്റൊന്നുമില്ല ടുത്ത് ഇനി വിഷയങ്ങളിലേക്ക് കിടക്കുകയാണ് ഇത് വെറുതെ ഇടയ്ക്ക് ഒരു ആവശ്യമില്ലാത്തൊരു തർക്കം കൊണ്ടുവന്നു ഇത് സാറിന് ഈ പൂർവപ്രകൃത അപേക്ഷ എന്ന് പറയുന്നത് എന്താണെന്ന് സാറിന് ഒരാൾക്ക് മനസിലാക്കാൻ പ്രയാസം എന്താണ് ഈ പറയുന്നത് അത്രയും സങ്കീർണമായൊരു തർക്കമാണ് ഇവിടെ ഭാമധികാരം ഒന്നും സാറിനെ പഠിപ്പിക്കുന്നിടത്തൊന്നും അല്ല മനസ്സിലായോ ീ തർക്കം മനസ്സിലാക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല ആർക്കും സാറിന് മനസ്സിലാകാറുന്നുണ്ട് നിങ്ങൾക്ക് ആ ഇതാർക്കും മനസ്സിലാകാറില്ല നിങ്ങളുടെ പ്രശ്നമുണ്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും പറയുമ്പോ സാറിന് ഇത് ആർക്കും ഇതൊന്നും മനസ്സിലാകാറില്ല പിന്നെ ഭാഗികാരനെ സംബന്ധിച്ച വളരെ സിമ്പിൾ െ സംബന്ധിച്ചിരുന്നൊരു വിഷയമേ അല്ല പക്ഷെ പഠിക്കുന്നവർക്ക് അത്രയും വലിയ മൂളയൊന്നും ഇല്ലാത്തവരാകുന്നുണ്ട് ഇത് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചോദിച്ചേക്കുന്നുണ്ട് ഓരോ മനുഷ്യനും ഒന്നും മനസ്സിലായിട്ടില്ല ആർക്കും മനസ്സിലാവത്തില്ല ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഭഗവാനന്ത കിമേവം സതി വിതാഹ ആ എവിടെയും ഭാവനികാരൻ എന്ത് ചെയ്യുന്നു ഭഗവത് ഏവന ശരി എന്ന ആനന്ദര്യാർത്ഥമേ ഉള്ളു എന്ന് പറഞ്ഞാ അവിടെയും എന്ത് ചെയ്യുന്നു ഭാഷകാരൻ്റെ പറഞ്ഞ പൂർവ്വ പ്രധാന തള്ളികളല്ല ഒരർത്ഥമേ എടുക്കുന്നുള്ളു ഭാവനികാരൻ എന്തർത്ഥം ആനന്ദി ശരി എന്നായിക്കോട്ടെ ഭവതി ആയിക്കോട്ടെ എന്ത് ആനന്ദര്യാർ കിമേവം ശ്രതിക്കും അതുകൊണ്ട് എന്താ ഏവം സതിക്കും അങ്ങനെയാ എന്താഹാഷ്യത്തിൽ പറയുന്നു സതിജാനന്ദര് യഥാ ധർമ്മ ജിജ്ഞാസ പൂർവൃത്തം വേദാധ്യനം നിയമേന അപേക്ഷതൃത്തം നിയമേനാപേക്ഷതയില് പൂർവൃത്തം പൂർവപ്രകൃതം എന്ന് പറഞ്ഞെന്താണ് വേദാധ്യയനം അതുപോലെ ഇവിടെ അതാത് ബ്രഹ്മജിജ്ഞാസ ഇവിടെ പൂർവൃത്തം പൂർവപ്രകൃതം എന്താണ് അത് പറയണമെന്ന് ബാക്കി ആ പറഞ്ഞത് പൂർവമീമാസയിലെ വ്യാഖ്യാനം ഉള്ളതാണ് അവിടെ പറഞ്ഞു ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അതാദോ ർമ്മ ജിജ്ഞാസ അതാന്ന് പറഞ്ഞു ശേഷം വേദാധ്യനത്തിന് ശേഷം അതൊക്കെ അതാണ് പറഞ്ഞത് പൂർണമായും പൂർവമീമാംസ അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നത് ബഹുമതികാരൻ ഇന്നത്താവത് എസ് വിധി വക്തവ്യം അനന്തരം എന്തിന്റെ എന്തിന്റെ എന്തിന്റെ ശേഷം ബ്രഹ്മസ അത് പറയാൻ കഴിയില്ല അത്ര ആനന്ദരം അത്രജ് ആനന്ദര്യം എന്തിന്റെ ആനന്ദര്യം ഇത് വക്തവ്യം എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് തസ്യഅ അഭിദാന മന്ദിരേണാഭിപ്രാപ്തത്വ എന്തിന്റെ ആനന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാപോ ബ്രഹ്മജിഞ്ാസ അനന്തരം ബ്രഹ്മ ജിന്യാസ എന്തിന്റെ അനന്തരം അദൃഷ്ടം പുണ്യം അതിന് ശേഷമാണ് ബ്രഹ്മവിന്യാസ എന്ന് ഒരാൾക്ക് പറയാമോ എന്തിന്റെങ്കിലും ശേഷം ബ്രഹ്മവിന്യാസ അങ്ങനെ പറഞ്ഞാൽ പോലെ എന്തിന്റെ കൃത്യമായി പറയണമെന്നാണ് പറയുന്നു തസ്യ അഭിദാനമന്ദരേണാവി അത് പറയാതെ തന്നെ പ്രാപ്തമാണേത് എന്തിന്റെ അനന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുണ്യത്തിന് ശേഷം ബ്രഹ്മജി അങ്ങനെ പറയാം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് മനുഷ്യ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ട് മനുഷ്യര് ഉറപ്പായിട്ടും എന്താണോ ഒന്ന് ചെയ്തിട്ടായിരിക്കും മറ്റൊന്ന് ചെയ്യുന്നു സാധാരണയാണ് കാരണം മനുഷ്യപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനന്തരം ബ്രഹ്മ ജിജ്ഞാസ എന്ന് വെച്ചാലും ബന്ധം ചെയ്തു ഭക്ഷണം കഴിച്ചോ കുളിച്ചോ ഉറങ്ങിയോ എന്തുവാണോ പറയുന്നത് അതുകൊണ്ട് എന്താണ് അവശ്യംഹി പുരുഷ മനുഷ്യൻ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്തിട്ട് കിഞ്ചിത് എന്തെങ്കിലും ചെയ്യും ഇതൊക്കെ നാട്ടുകണപ്പാണ് എന്നുവെച്ചാൽ ആനന്ദരിയ മാത്രിഷ്ടം അതിഷ്ടം വാ പ്രയോജനം പശിയാമ ഇനി അനന്തരം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം പ്രത്യക്ഷമായ ഒരു ഫലമില്ല അതിഷ്ടമായ അപൂർവം പോലെയുള്ള ഒരു ഫലമില്ല അനന്തരം എന്ന് പറയുന്നു അതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല അനന്തരം എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണ് എന്തിനു എന്ന് പറയുന്നത് മാത്രീ കേരം എന്നുള്ളത് കൊണ്ട് അതിന് ആനന്തര്യത്തിന് ദുഷ്ടമായോ അതിഷ്ടമായോ പ്രത്യക്ഷമായോ അതീന്ദ്രിയമായോ ഉള്ള പ്രയോജനം എന്തെങ്കിലും പ്രയോജനം പശ്യാമെന്നും കാണുന്നില്ല തസ്മാ അത്ര ആനന്ദര്യം വക്തുമ്പം യദ് ബ്രഹ്മവിജ്ഞാസവതി യസ്മിൻ സതി അതുകൊണ്ടൊരു കാര്യം ഇവിടെ തീർത്തും പറയണു എന്താണ് എന്തിനു ശേഷമാണോ ബ്രഹ്മ ജിജ്ഞാസ സംഭവിക്കുന്നത് എന്തില്ലെങ്കിൽ ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകത്തില്ലയോ തീർത്തും ഉണ്ടാകുന്നത് എന്തിനു ശേഷമാണോ ആ ഒന്നിന് ഏതാണോ പൂർവ്വത്തിലുള്ളത് അതെന്താണെന്ന് പറയുകയാണെന്ന് പറഞ്ഞാൽ പോരാ അത്ര ആനന്തരം വക്തവ്യം അത്ര തസ്യാനന്തരം ആ സാധനച്യേഷ്ഠ സമ്പത്തിയുടെ അനന്തരം എന്നുള്ളതാണ് പറയേണ്ടത് എന്തുകൊണ്ട് ആ സാധനച്യേഷ്ഠയ സമ്പത്തി കൂടാതെ ബ്രഹ്മിജ്ഞാസ അനുഭൂതി ആർക്കും ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകത്തില്ല ബ്രഹ്മത്തെ അറിയാൻ ചിലർക്ക് ആഗ്രഹം എന്തുകൊണ്ടുണ്ടാകുന്നു അവർക്ക് സാധനച്യേഷ്ഠമ്പത്തി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും അതുണ്ടാകുന്നുണ്ട് അപ്പം ചില മനുഷ്യർക്ക് അതിനോട് ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒന്ന് കാണും അതെന്താണ് സാനുച്യേഷ്ഠി യസ്മിൻ സതി അതുണ്ടായാൽ ഏത് സാനുച്യേഷ്ഠയുണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം ഭവന്തീ ഭവത്തിയവ ഉണ്ടാകുന്നതായ ജിജ്ഞാസ ഭവന്തി ഭവിക്കുന്നതായ ഉണ്ടാകുന്നതായെന്ത് ജിജ്ഞാസ ഭഗത്യേത ഉണ്ടായിത്തന്നെ തീരും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സാധനചൃഷ്ട സമ്പത്തി ഉണ്ടെങ്കിൽ അയാൾക്ക് അവശ്യം എന്ത് സംഭവിക്കും ബ്രഹ്മ ജിജ്ഞാസ അവിടെ ഉണ്ടായിരിക്കും ഉണ്ടായേ തീരും എന്നാണ് സാധനചേഷ്ഠയ സമ്പത്തി ഉണ്ട് അയാൾക്ക് ബ്രഹ്മജിജ്ഞാസ ഇല്ല എന്ന് പറയാൻ പറ്റും അവശ്യണ്ടായാലേ തീരൂ എന്നാണ് അതാണ് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് തസ്മാതമുക്തം അതുകൊണ്ടാണ് ഈ പറഞ്ഞത് എന്താണ് യത് പൂർവവൃത്തം നിയമേന അപേക്ഷതയെ മുമ്പ് നടന്നതിന് നിശ്ചിതമായിട്ടും ഉറപ്പായിട്ടും ആശ്രയിക്കുന്നു മുമ്പുള്ള ഒരു കാര്യത്തെ മുമ്പുള്ള ഏത് കാര്യത്തെ മുമ്പുള്ള ഏത് കാര്യത്തെയാണ് അപേക്ഷിക്കുന്നത് സമ്പത്ത് എന്താശ്രയിക്കുന്നു ഭാഷകാരം പറഞ്ഞത് എന്താണ് യത് പുറത്തും നിയമേന അപേക്ഷതയെ തത് വ്രഹ്മഞ്ചാസക്ക് മുമ്പിൽ എന്താണോ ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കുന്നത് ആരായാലും ശരി ആർക്കെങ്കിലും ബ്രഹ്മജിഞ്ഞ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് വന്നു വേണം എന്തുണ്ടായിരിക്കും സമ്പത്തി അതിന് ജാതി മതം ഇങ്ങനെയുള്ള ഒരു കാര്യവും പ്രശ്നമാണ് ആർക്കെങ്കിലും ബ്രഹ്മത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ എന്ത് വേണം അവനിലെന്ത് വേണം സമ്പത്തി അക്കാര്യത്തിൽ ഭാഷകാരന് വേറെ അഭിപ്രായ വ്യത്യാസം സാധിക്കും ഉടമ്പൂർവക്ഷമാണ് പൂർവക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂർവക്ഷത്തിൽ സിദ്ധാന്തവും വരും പൂർവോക്ഷവും വരും അതിൻ്റെ അടയ്ക്കുന്ന ഓരോ ഭാഗങ്ങൾ വേർതിരിച്ചെടുക്കണം മൊത്തത്തിലത് പൂർവോക്ഷമാണ് അപ്പോൾ പല പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യും ഒരുപാട് വിഷയങ്ങൾ അദ്വൈതത്തെ സംബന്ധിക്കുന്നുണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യും പലപ്പോഴും അത് പൂർവോക്ഷത്തിന്റെ ഭാഗമായിട്ടായിട്ടും ചർച്ച ചെയ്യുന്നു ചിലപ്പോൾ അത് നിരവധി കാര്യങ്ങളൂടെ ഭാഷ്യക്കാരൻ ഭാവതികാരൻ ചർച്ച ചെയ്യും എന്നുവെച്ചാൽ അത് ശബ്ദത്തിൻ്റെ അർത്ഥം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഒരുപാട് ദൂരം പോകും അത് വിധത്ത് മനസ്സിലാകാനത് പൂർവോക്ഷ രൂപത്തിലായാലും ശരി സിദ്ധാന്ത രൂപത്തിലായാലും ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഭാവതികാരൻ്റെതായ ചിന്താ രീതി അനുസരിച്ചാണ് ഭാഷ്യകാരനുമായിട്ട് യോജിക്കത്തുന്നു തൻ്റെതായ ഒരു ചിന്താ രീതി അനുസരിച്ച് മനസ്സിലാതെ ഇത് എന്ന് കണ്ടാ തുടങ്ങി മനസ്സിലായ കൊണ്ടും ഒരു പുറോഷം തുടങ്ങിയാണ് ധർമ്മജിജ്ഞാസായ ഇവ ബ്രഹ്മജിജ്ഞാസായ അഭി യോഗ്യത് സ്വാധ്യായ ആനന്ദര്യം ഈ സ്വാധ്യായ ആനന്ദര്യം എന്ന് പറയുന്നത് ധർമ്മ ജിജ്ഞാസക്കും ബ്രഹ്മ ജിജ്ഞാസക്കും തുല്യമാണ് സ്വാധ്യായം നടന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ധർമ്മ ജിജ്ഞാസ അല്ലെങ്കിൽ ബ്രഹ്മജിജ്ഞാസ സ്വാധ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അത് പൂർവ്വവിമാസയെ സമ്മർദ്ദിച്ച കാര്യമാണ് അതാത് ധർമ്മ ജിജ്ഞാസ അവിടെ അഥ എന്തിനു ശേഷം സ്വാധ്യായ നന്ദ വേദം അധ്യയനം ചെയ്തവനാണ് പിന്നെ വേദധർമ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടാകും അല്ല ബ്രഹ്മ ജിജ്ഞാസയ്ക്ക് എന്ത് വേണം വേദാധ്യനം നിർബന്ധമാണ് ഈ വേദാധ്യയനം നിർബന്ധമാക്കുന്നിടത്താണ് എന്ത് വരുന്നത് വരുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്നതാണ് അവശൂദ്രാധികരണം കുറെ കഴിഞ്ഞു അവിടെയാണ് എന്തു പറയുന്നത് ബ്രഹ്മവിദ്യക്ക് അധികാരമില്ല എന്ന് പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം വേദാധ്യയനപൂർവകമായ ബ്രഹ്മവിന്റ് അധികാരമുണ്ട് അങ്ങനെ അല്ലാതെയുള്ള ബ്രഹ്മവിദ്യ ചോദിക്കുന്നു അധികാരം ഉണ്ട് ഇത് പല വ്യാഖ്യാതാക്കളെയും കുഴക്കുന്ന ഒരു സംഗതിയാണ് പലരും ചോദിക്കാറുണ്ട് ബ്രഹ്മസൂത്രീ തുടങ്ങുന്ന സമയത്ത് ഇത്രേ സാധന ജ്യേഷ്ഠയ സമ്പത്തി ഉള്ളവന് ബ്രഹ്മജ്ഞാസക്ക് എന്ന് പറയുന്നുണ്ട് എന്നോട് ജാതി പറയുന്നുണ്ട സാധന ജ്യേഷ്ഠയ സമ്പത്തി ഉള്ളവാനും ബ്രഹ്മജ്ഞാസ ആകും അപ്പൊ ആർക്കും സാധന ജേഷ്ഠ ഉണ്ടാവാം ആർക്കും ഇന്നുണ്ടാവാം ബ്രഹ്മജിജ്ഞാസം ഉണ്ടാവാം അപ്പം മുമ്പോട്ട് അവിടെ പറയുന്നു വേദാധ്യയനപൂർവ്വകമായ ബ്രഹ്മജ്ഞാസക്ക് അധികാരം ശൂദ്രനില്ലെന്ന് പറയും ഇവിടെ പറയുന്ന എന്താണ് സാധന ജ്യേഷ്ഠയ സംബന്ധിയുള്ള ആർക്കും അധികാരം അപ്പം ആ ഇനി മുമ്പാൻ വരുന്ന ആ അപസൂത്രാധികളും അതാരോ എഴുതി ചേർത്താണ് ശങ്കരാചാര്ക്ക് അതിന് യാതൊരു പങ്കും ഇല്ല എന്ന് ചെല്ലു പറയുന്നു ഈ ഒരു സംശയം ഇങ്ങനൊരു പൂർവ്വക്ഷം അത് ചിന്തിക്കേണ്ട കാര്യമാണ് ശങ്കരാചാര്യ തുടക്കത്തിൽ എന്താണ് സനുജ്യേഷ്ഠ സമ്പത്തിയാണ് യോഗ്യതയായിട്ട് പറയുന്നത് ജാതി യോഗ്യതയായി പറയുന്നില്ല പിന്നീട് ചെന്നിട്ട് ജാതി യോഗ്യതയായി പറയുന്നു അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും തിരുമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പിസ്വാമി പോലും പറയുന്നുണ്ട് അങ്ങനെ ഒരു പക്ഷെ ശരിക്കെന്താ അവിടെ സംഭവിച്ചത് സംഭവിച്ചു ഞാൻ എനിക്ക് പറഞ്ഞതാണ് എന്താ ഞാൻ മുമ്പ് പറഞ്ഞത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പറയുന്ന ന്യായമായ സംശയമാണല്ലോ ഇവിടെ പറയുന്നു സാധന ജാഷ്ടെ സംബന്ധിച്ച് ശേഷം ബ്രഹ്മസ് അവിടെ പറയുന്നു ന് അധികാരമില്ല പിന്നെ ശൂദ്രന് സമ്പത്തി ഒന്നാമല്ലോ ഇവിടെ പറയുന്ന പിന്നെ അത് വേറൊരാളെഴുതി ചേർത്താകാമല്ലോ ഇവിടെ പറയുന്നതനുസരിച്ചു അധികാരത്തെ നേരത്തെ പ്രഖ്യാപിച്ചു എവിടെ പ്രഖ്യാപിച്ചു എവിടെഞ്ഞു സ്വാധ്യായ ആനന്തര്യം എന്ന് പറയുന്നോണ്ട് എന്ത് ചെയ്തു പൂർവമീമാംസയിലെന്ത് ചെയ്തു പൂർവീമാംസയിലെ വിഷയം ചർച്ച ചെയ്ത് പറയും സ്വാധ്യായത്തിന് അധികാരം എന്ന് പറയുന്ന ആർക്കേ ഉള്ളൂ ബ്രാഹ്മണൻ ക്ഷത്രിയം വയസ്സിൽ അപ്പൊ അവർക്ക് മാത്രമേ എന്തോള്ളൂ സ്വാധ്യായം എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതി വന്നു സ്വാദ്യത്തിന് ആർക്കേ അവകാശമുള്ളു ത്രണികൾക്കേ അവകാശമുള്ളു അപ്പൊ അവർക്കെ ധർമ്മ ജിജ്ഞാസക്ക് അധികാരമുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ സ്വാധ്യം പറയും അപ്പൊ ജീവിതി പറഞ്ഞ അനുസരിച്ച് ഇവിടെ എന്താണ് സ്വാദ്ധേയം എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ അധികാരമുള്ളൂ അവർക്ക് മാത്രമേ ബ്രഹ്മ ജിജ്ഞാസക്ക് അധികാരമുള്ളൂ അത് അധികാരം ത്രൈവർണികേ ഉള്ളൂന്നുള്ളത് ഇവിടെ തന്നെ സ്വാധ്യായം എന്ന് പറയുന്ന സ്വാധ്യായ ആനന്ദരി എന്ന് പറയുന്നുണ്ട് ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ് എന്നാൽ അവശൂദാധികരണത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് വിതരുകൾക്ക് വിദ്യക്ക് അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട് അതോ ഇതിരുടെ സൂദ്രനാണ് സൂദ്രനായും ഇവർക്കും ഇന്ത്യക്ക് അധികാരം ഉണ്ടെന്ന് അവിടെ പറയുന്നു ഇവിടെ പറയുന്ന എന്താണ് ഡ്രൈവറിനുകാർക്ക് അധികാരമുള്ള അപ്പൊ അങ്ങനെ വ്യത്യാസം വന്നു ഇത് ഞാൻ പറഞ്ഞാണ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നു പക്ഷുകാരുടെ സിദ്ധാന്തം വേദാധ്യനപൂർവകമായ ബ്രഹ്മവിദ്യക്ക് ആർക്കധികാരമുള്ളു ശൂദ്രന് വേദാധ്യയനത്തിന് അധികാരമില്ല അത് നമ്മൾ പറയുന്നു ബ്രഹ്മവിദ്യക്ക് അധികാരം ഉണ്ടെന്നല്ല അപ്പൊ ശൂദ്രാധികാരണത്തിൽ പറയുന്നു ശൂദ്രനും ബ്രഹ്മവിദ്യ ആകാം പക്ഷെ വേദാധ്യയനപൂർവ്വമായെന്നുവെച്ചാൽ വേദാധ്യയനം ചെയ്ത് അതിലൂടെയുള്ള ബ്രഹ്മവിദ്യക്ക് ആർക്കധികാരമില്ല എന്തുകൊണ്ട് കാരണം ഇവിടെ സ്വാധ്യായം എന്ന് പറഞ്ഞിരിക്കുന്നു സ്വാധ്യായത്തിന് ശേഷം ബ്രഹ്മവിദ്യക്ക് അധികാരം ആർക്കേ ഉള്ളൂ അതാണ് അവിടെ ഇവിടെ നിന്നു ശരിക്കും ഡ്രൈവറിനൊക്കെ അധികാരമുള്ളൂ പറയുന്നത് ഇവിടെയാണ് എന്തുകൊണ്ട് സ്വാധ്യമായ പദമുച്ചോണ്ട് സ്വാധ്യായ പദമുപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് പൂർവികമാനും അത് അർത്ഥം പറഞ്ഞിരിക്കുന്നു സ്വാധ്യായത്തിന് മൂന്ന് ജാതികൾക്ക് അവകാശമാണ് അപ്പൊ അതാരും എഴുതി ചേർത്തേ അല്ല ശങ്കരായ സിദ്ധാന്തം തന്നെ അവിടെ പറയുന്നത് എന്താണ് സ്വാധ്യായത്തിന് മൂന്ന് വർണ്ണത്തിലുള്ളവർക്ക് അധികാരമാണ് അപ്പൊ സ്വാധ്യായത്തിന് ശേഷമുള്ള ബ്രഹ്മവിദ്യ മൂന്ന് ജാതികൾക്ക് അധികാരമാണ് അവിടെ അത് തന്നെ പറയുന്നത് എന്നാൽ വേദം അധ്യയനം ചെയ്യാതെ പുരാണങ്ങളിലൂടെയും മറ്റും ബ്രഹ്മവിദ്യ ആർക്കും ഉണ്ടാകാം ഇപ്പൊ ശങ്കരാചാര്യർ നിർബന്ധം പഠിക്കുന്ന എന്താണ് ബ്രഹ്മവിദ്യക്ക് അധികാരം ഇല്ലെന്നല്ല പിന്നെന്തിനധികാരമില്ലെന്നാണ് ഏതാ അധ്യയനത്തിന് സൂത്രന് അധികാരമില്ലെന്നുള്ള ബ്രഹ്മസൂത്രത്തിന് മാത്രമല്ല ഗീതേനും പറയും ബ്രാഹ്മണ ക്ഷത്രീ വിശാമം ശൂദ്രാണാം ചരന്തപ കർമാണി പ്രഭു വിഭക്താനി സ്വഭാവപ്രഭേദമാണ് ബ്രാഹ്മണക്ഷൂട്ടരെ പറഞ്ഞു ബ്രാഹ്മണൻ വൈശ്യൻ പിന്നെന്തോ ശൂദ്രാണ ഗീതങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണക്ഷത്രി ശൂദ്രഹ എന്ന് ഒരുമിച്ച് പറയണ്ടായിരുന്നു ഗീതൻ എന്തു പറഞ്ഞു ബ്രാഹ്മണക്ഷത്രീയ വൈശ്യന്മാരെ പ്രത്യേകം പറഞ്ഞു ശൂദ്രനെ പ്രത്യേകം പറഞ്ഞു എന്തുകൊണ്ട് ശങ്കരാചാര്യ പറയുന്നത് പ്രത്യേകം പറഞ്ഞത് ശൂദ്രത്തിന് വേദത്തിലധികാരം ഇല്ലാത്ത കൊണ്ടാണ് ശൂദ്രൻ വേദത്തിൽ അധികാരമുള്ള മൂന്നുപേരെ പ്രത്യേകം പറഞ്ഞു വേദത്തിൽ അധികാരം ഇല്ലാത്ത ശൂദ്രനെ പ്രത്യേകം പറഞ്ഞു അതുകൊണ്ടാണ് ബ്രാഹ്മണക്ഷത്ര വിശാം ശൂദ്രാണാം ച എന്ന് പ്രത്യേകം പറഞ്ഞു ഇതുമായിട്ട വ്യാഖ്യാനമാണോ ശങ്കരാചാരന്യം രാമാനുജനൊക്കെ ഇത് ഇങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുന്നത് അവരെല്ലാരും പറയുന്നത് എന്താണോ ശൂദ്രന് വേദത്തിൽ അധികാരം ആ പിന്നെ ശങ്കരാചാര്യ ഒരു പടിയോടെ കടന്നിട്ട് അഭിസൂത്രാധികം പറഞ്ഞു ശൂദ്രൻ വേദം കേട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം ചെവിയൊരു അത് ഉദ്ധരിച്ചു കൊണ്ടുപോ ഇനി അവൻ വേദം കേൾക്കുകയല്ല വേദ ശരിക്കും പഠിച്ചു കഴിഞ്ഞാലോ ശരീരത്തെ രണ്ടായിട്ട് കീർണം എന്ന ആര് പറഞ്ഞു ശങ്കരായാരു രണ്ടും പറഞ്ഞാരാണ് ശങ്കരണ്ടെ വേണമെന്ന് സ്മൃതിയെ ഉദ്ധരിച്ച് പറഞ്ഞു ശങ്കരാചാര് പറഞ്ഞിരിക്കും അപ്പൊ ശൂദ്രൻ വേദം കേട്ടുകഴിഞ്ഞാൽ ചെവിയിൽ ഉയ്യൊരുക്കി കഴുകണേ ശൂദ്രനെ രണ്ടായി പിളർക്കണം എന്ന് പറഞ്ഞ ശങ്കരാചാര്യാണ് പിന്നെ ശൂദ്രന്മാരെ ചെയ്യുന്നത് പോട്ട് പൂജിക്കും പ്രതിമയൊക്കെ വെച്ച് പൂജിക്കും ശൂദ്രന്മാരെ കൊണ്ടും ചെയ്യുന്നു ബ്രാഹ്മണനാവാൻ വേണ്ടി ശൂദ്രനും ബ്രാഹ്മണനാകുന്നു അതിനുവേണ്ടി ചെയ്യുന്നു ബ്രാഹ്മണനാകാനുള്ള എന്തിനും ബ്രാഹ്മണനാകുന്നു ആ ബ്രാഹ്മണനായി കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും ശൂദ്രബ്രാഹ്മണരാകാൻ വേണ്ടിട്ട് എന്തു ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് പക്ഷെ ഇതൊക്കെ ബ്രഹ്മസൂത്രത്തിലുണ്ടെന്ന് അവർക്കറിയാം പക്ഷെ ഇവരൊന്നും പരസ്യമായി പറയുന്നു ഇതിനെയൊക്കെ മറച്ചു വച്ചിട്ട് ശങ്കരാരയെ ിക്കുന്നു സംഗ്രായാലും പൂജിക്കുന്നേ തെറ്റൊന്നുമില്ല ഒരുപാട് എന്താണ് ഭാഷ കഴിഞ്ഞിട്ടില്ലേ പക്ഷെ ഇത് മറച്ചു വെച്ചിട്ട് പൂജിക്കുന്നു അവിടെയാണ് ഓജലൈ അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞോണ്ടിരുന്നു മനസ്സിലായെങ്കിൽ ഒരിക്കൽ കൂടെ കേട്ടു പോകുന്നു അമ്മയുടെ അച്ഛന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല അന്നും എനിക്കറിയത്തില്ല അവരുടെയൊക്കെ ഇടപാടുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പുസ്തകത്തി എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്താണ് വിതരനെന്താ ചന്ദ്ര ഇളവ് കൊടുത്ത എന്തിന് വിധരനെന്താ ഇളവ് കൊടുത്ത് പുരാണങ്ങൾ പഠിച്ചിട്ട് എന്തു ചെയ്യാം ബ്രഹ്മജ്ഞാനം നേടാം ഞാനെങ്ങനേടാൻ പറ്റില്ല പാടില്ല അതുകൊണ്ടാണ് സനസുജാതി മഹാഭാരതത്തിൽ തന്നെ അവിടെ പിതരും ജ്ഞാനിയാണ് മറ്റേ അന്ധനായ വൃദ്ധന ഉപദേശിക്കണം ബ്രഹ്മവിദ്യ പിതരും സ്വയം പറയും ഞാൻ ശൂദ്രനാണ് എനിക്ക് അധ്യാപനം മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള അധികാരം ഇല്ല അതുകൊണ്ട് സനത് സുജാതിയം സനത് കുമാരനെ ധ്യാനിച്ച് സനത് കുമാരൻ വന്ന് ഉപദേശിക്കുന്നു കാരണം അയാളുടെ ബ്രാഹ്മണനാണ് മനസ്കൃതി പറഞ്ഞിട്ടുണ്ട് അധ്യാപനം ആർക്കേ പാടുള്ളൂ ബ്രാഹ്മണനെ പറ്റും ഗുരുവാകാൻ ബ്രാഹ്മണനെ പറ്റും ത്രിവർണികളിൽ വേറെ ആർക്കും പറ്റും അധ്യാപനം ഒരാൾക്കേ പറ്റും ആർക്ക് മറ്റുള്ളവർക്കൊന്നും അധ്യാപനം പറ്റത്തില്ല എന്ന് മനു പറഞ്ഞതുകൊണ്ട് ദക്ഷിണാ കിട്ടിയത് കുമാരും അല്ല അതിപ്പോ ഒരു കഥ എവിടെ നിന്ന് ആർക്ക് കിട്ടിയെന്നുള്ളതിനു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അതൊക്കെ പലയിടത്തും പല കഥകൾ പറയും ആദ്യം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒരു കഥയിൽ പുരാണത്തിനങ്ങനെ പറയും പലയിടത്ത് വേറെന്ന് പറയും ബ്രഹ്മ ഉപദേശിച്ചെന്ന് ചിലയിടത്ത് പറയും ശിവനുപദേശിച്ചെന്ന് പറയും വിഷ്ണുപദേശിച്ചെന്ന് പറയും അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല പക്ഷെ മനുഷ്യരുടെ ഇടയിൽ ഇത് ഉപദേശിക്കണമെങ്കിൽ ആരായിരിക്കണം ബ്രാഹ്മണൻ ആയിരിക്കണം അല്ലാത്ത ഒരു പാടില്ല അന്ന് മനു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വിതിരി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം അറിയാം പക്ഷെ പറഞ്ഞുകൊടുക്കാനുള്ള ഗുരുവാകുന്നതിന് അധികാരമില്ല എന്നൊക്കെ പറയും ഇതൊക്കെ ഇവിടെ ഓർത്തു വയ്ക്കണം അപ്പോ എന്താണ് അവശൂത്ര അറിയിരുന്നു ആരും എഴുതി ചേർത്തൊന്നുമില്ല ശങ്കരാചാര്യ എല്ലായിടത്തും പറയുന്ന കാര്യം തന്നെ അവിടെയും പറഞ്ഞിരിക്കും ശങ്കരാചാര്ക്ക് ഇത്ര അത്തരത്തിലുള്ള സാമൂഹ്യബോധം തീരെല്ലായിരുന്നു ബ്രഹ്മവിദ്യ ഒക്കെ പുള്ളിക്ക് അറിയാമായിരുന്നു പക്ഷെ സാമൂഹ്യ ബോധം അല്ലെങ്കിൽ പണ്ടത്തെ ഒരു സാമൂഹ്യ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു അത് ശരിയത് അന്ധമായി വിശ്വസിച്ചിരുന്നു വരാൻ പോകുന്ന ലോകത്തിന് എന്ത് വേണമെന്നത് ശങ്കരായർക്ക് അറിയില്ലായിരുന്നു ബ്രഹ്മസൂത്രമുഷത്തൊക്കെ വ്യാഖ്യാനിച്ച് അദ്വൈതത്തെക്ക് വളരെ ഇതൊക്കെ കേമമായിട്ടൊക്കെ വ്യാഖ്യാനിച്ച് അതൊക്കെ നല്ലതന്നെയാണ് പക്ഷെ അതുകൊണ്ട് ആരെങ്കിലും പൂജിക്കുന്നെങ്കിൽ അത് തെറ്റെന്ന് ഞാൻ പറയത്തില്ല ഈ ചോട്ടേ കൂടെ പോകുന്നില്ല പക്ഷെ ശൂദ്രന്മാരൊക്കെ മറച്ചു വെച്ചിട്ട് പൂജിക്കുന്നത് ശരിയാണ് കഴിഞ്ഞു ഒരു തരത്തില് ഇന്ത്യയിലെ ഇന്ത്യൻ സമൂഹം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വരുന്നതിനും കൊണ്ടായിരുന്നു ഇവിടുത്തെ ഈ സമൂഹം അന്ന് ഹിന്ദു എന്നൊന്നും പറയത്തില്ല ഇന്ത്യൻ സമൂഹം വലിയൊരു ഭൂരിപക്ഷത്തിന് വലിയ ദ്രോഹം ചെയ്ത ആളാണ് അവര് ശങ്കരാ വിദ്യാഭ്യാസത്തിൽ അന്നത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി അതിനു വേണ്ടിയിട്ട് ഒരുപാട് പണിപ്പെട്ടു വിഭാഗത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോയില്ലേ അതാണ് ഈ പിന്നോക്കാവസ്ഥയൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് അതിന് വലിയൊരു പങ്കാളിണ്ടെന്ന് ഭംഗരായർ മാത്രമല്ല കാര്യമായൊരു പങ്കുണ്ട് അതുകൊണ്ട് ഇവിടെ ഓർത്തു വയ്ക്കും ഇത് പറഞ്ഞാൽ ഇന്നും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഒന്നീ പറയാതെ ദേശദ്രോവാണ് പറയുന്നത് അങ്ങനെ പറയും അതൊക്കെ സനാതനധർമ്മത്തിന് പറയുന്നത് ഇത് രണ്ടും പറയാത്തവരും ഈ പറയുന്ന മോഡിവിരുദ്ധനാണെന്ന് പറയും ഇങ്ങനെയൊക്കെ പല പുതിയ കമ്മിന്നും ഇങ്ങനൊക്കെ പല പല പുതിയ വ്യാഖ്യാനങ്ങൾ വരും പ്രസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നും ആർക്കും പ്രശ്നമുണ്ട് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നതിന് പ്രത്യേകം കാണണം ഇങ്ങനെയുള്ള ഈ കാഴ്ചപ്പാടുകള് സ്വാധ്യായത്തിന്റെ കാര്യം ചടക്കി സമയം പറയുന്നില്ല അതുകൊണ്ടല്ല അങ്ങനെ ഒരു സംശയം വന്നു ഇവിടെ സാധനച്യേഷ്ഠയെ സംബന്ധിച്ച് ശേഷം പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ശൂദ്രന് അധികാരമില്ലെന്ന് പറഞ്ഞു പിന്നെ സാധനങ്ങളെ സംബന്ധിച്ച് ശേഷമെന്ന് പറയുമ്പോൾ ശൂദ്രനും അധികാരം കിട്ടേണ്ടതാണല്ലോ അപ്പോൾ അത് എഴുതിയത് ആരാണെന്നുള്ളൊരു സംശയ രൂപത്തിൽ ചേട്ടൻ മിസ്സാമിയും പറയാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല എന്തുകൊണ്ടാവശ്യമില്ല സ്വാധ്യായോ അനന്തരം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വളരെ സ്പഷ്ടമാണ് സ്വാധ്യായോ അധ്യേതമ്യോ മൂന്ന് വർണ്ണക്കാർക്കാണ് അത് ചട്ടമ്പിസ്വാമി അങ്ങനെ എഴുതി വെച്ചോണ്ട് പിൽക്കാലത്ത് വന്ന പല സ്വാമിമാരും അത് ഏറ്റുപുറയുന്നുണ്ട് എങ്ങനെ അത് ശങ്കരാചര് എഴുതിയല്ലേ എന്നുകൊണ്ട് ഇവിടെ സാധനചെ ശേഷം ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞു അപ്പൊ അവിടെയും സാധനചേഷ്ഠ സമ്പന് ശേഷമാണ് ബ്രഹ്മവിദ്യ അപ്പം ശൂദ്രന് എന്തുകൊണ്ട് അധികാരമില്ല ശൂദ്രന് സാധനച്യേഷ്ഠ സമ്പത്തി വന്നാൽ ബ്രഹ്മവിദ്യ ആകാമല്ലോ എന്ന് പറയുന്നുണ്ട് ശങ്കരായു അല്ല ശങ്കരഭക്തന്മാര് അങ്ങനെ മലയാളത്തിലെ പല സ്വാമിമാരും എഴുതിയും പറയും പ്രസംഗിക്കുക ചെയ്തിട്ടുണ്ട് അതിന് ചട്ടമ്പിസ്വാമി ഇങ്ങനെ ഒരു ഒരു പൂർവ്വപക്ഷം ഉന്നയിച്ചു അതിന് സ്വാമി അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് വിശദീകരിക്കുന്നൊന്നുമില്ല ഇങ്ങനെ ഒരു പൂർവ്വപക്ഷം ഉന്നയിച്ചത് മറ്റുള്ളവരുടെ അടുത്ത് പ്രയോഗിക്കുന്നുണ്ട് ഈ സ്വാധ്യായ ആനന്തരീന്ന് പറയുന്ന ആ കാര്യം സ്വാമി ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചെങ്കിൽ പ്രശ്നം വരത്തില്ല ആണ് പറയുന്നത് ധർമ്മ ജിജ്ഞാസായ ഇവ ബ്രഹ്മജിജ്ഞാസായ അഭി യോഗ്യത്വ സ്വാധ്യായ ആനന്ദര്യം യോഗ്യമായതുകൊണ്ട് സ്വാധ്യായ ആനന്ദര്യം രണ്ടിനും തുല്യമാണ് എന്താണ് യോഗ്യത്വം എന്ന് പറയുന്നത് അതാണ് അടുത്ത് വിശദീകരിക്കുന്നത് ധർമ്മവത് ബ്രഹ്മണോപി ആക പ്രമാണ ഗമ്യത്വ മൊത്തത്തിലൊരു പൂർവോഷമാണെങ്കിൽ ഇതൊക്കെ സിദ്ധാന്തമാണ് ആണ് പറയുന്നത് ഇവിടെ പൂർവോഷം എന്ന് പറഞ്ഞാലും അതിന്റെ അടയ്ക്ക് സിദ്ധാന്തവും വരും ഈ പറയുന്നൊക്കെ എന്താണ് സിദ്ധാന്തമാണ് എന്താണ് ധർമ്മത്തെ പോലെ തന്നെ ബ്രഹ്മവും ആമനായ ഏക പ്രമാണ ഗമ്യത്വം അതാണ് അതിന്റെ യോഗ്യത്വം ഒരേ ഒരു പ്രമാണം കൊണ്ട് ഗമ്യം അറിയപ്പെടുന്നതാണെന്തോ ധർമ്മവും ബ്രഹ്മവും രണ്ടും പ്രമാണമൊന്നേ ഉള്ളൂ എന്താണ് വേദം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും ഇന്നോരോരുത്തരും സ്വയം അങ്ങനെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകാൻ പറ്റില്ല ബ്രഹ്മജ്ഞാനം എങ്ങനെയുണ്ടാകത്തുള്ളൂ വേദത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ള അതാണ് ധർമ്മവത് ബ്രഹ്മണോവി ഇത് സിദ്ധാന്തമാണ് അത് ധർമ്മം എങ്ങനെയാണോ അതുപോലെ ബ്രഹ്മവും ആമനായ ഏക പ്രമാണ യോഗ്യത ഇതാണ് എന്റെ യോഗ്യത ആമനായവും പറയുന്ന ഒറ്റ പ്രമാണേ ഉള്ളതിന് തസ്യഅ അഗ്രഹീത വിജ്ഞാൻ അജനനാ തസ്യന്ന് വെച്ചാ എന്താണ് വേദം അഗ്രഹീതം എന്ന് വെച്ച അധ്യയനം ചെയ്യാതിരുന്നാൽ അനധീതസ്യ വേദത്തെ അധ്യയനം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വവിഷയേ വേദത്തിന്റെ വിഷയമായിരിക്കുന്ന ധർമ്മത്തിലും ബ്രഹ്മത്തിലും രണ്ടിലും വിജ്ഞാന അജനന വിജ്ഞാനം ഉണ്ടാകത്തില്ല ധർമ്മത്തെ കുറിച്ചോ പൂർവ്വവിമാംസീത അല്ലെങ്കിൽ ഉത്തരം വിമാംസ ചെയ്ത അറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം വേദ അധ്യയനം ചെയ്തേ പറ്റും ഇതൊക്കെ സിദ്ധാന്തമാണ് മൊത്തത്തിൽ പൂർവക്ഷണെങ്കിലും അകത്തിങ്ങനെ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് അനതസ്യാന്ന് വെച്ചാൽ വേദത്തിന്റെ അമനായസ്യം അഗ്രഹീതസ് എന്ന് വെച്ചാൽ അധ്യയനം ചെയ്യാത്ത അനധീതസ്യം സ്വവിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ വേദത്തിന്റെ വിഷയമായ ബ്രഹ്മത്തിലും ധർമ്മത്തിലും വിജ്ഞാന അജനാ വിജ്ഞാനം ഉണ്ടാവുന്നില്ല ഗ്രഹണസ സ്വാധ്യായോ അധ്യേതവ്യ അധ്യയനവ നീതത്വ ഗ്രഹണമെന്ന് വെച്ചാൽ അധ്യയനം വേദാധ്യനം ആ വേദാധ്യയനത്തിന് സ്വാധ്യായോ അധ്യേതവ്യ സ്വാധ്യോ അധ്യേതവ്യാന്നുള്ള വിധി വിധി അധ്യയനവ എന്നുള്ള അധ്യയനവിധിയിലൂടെ തന്നെ ിയതത്വ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് വേദം അധ്യയനം ചെയ്തേ തീരും എന്തുകൊണ്ട് സ്വാധ്യായോ അതാണ് ഗ്രഹങ്ങളൊന്നിച്ച് അധ്യയനത്തില സ്വാധ്യായോ അദ്വൈതവിധി അധ്യയനയോ ഇതൊക്കെ പ്രധാനപ്പെട്ട അദ്വൈതത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ സാമ്പത്തികമായ നിയമങ്ങളാണ് അത് മുഖ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്വൈതമെന്ന് പറയുന്ന വിഷയത്തെ ഒരു ശരിയായ ധാരണ ഉണ്ടാവണമെങ്കിൽ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഭേദവുമായിട്ടത് എന്തുമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യം അല്ല ഇന്ന് എന്താണ് ഒരു പദ്യം എഴുതി എന്ന് വിചാരിച്ചത് അദ്വൈതമാകത്തില്ല എന്താണ് ഉപനിഷത്തെ ുംബോധും മുതും അർത്ഥവും പറഞ്ഞിരിക്കുന്നത് എന്താണോ ആ ഉപനിഷത്തിന്റെ പ്രാധാന്യത്തെ ഇത് ഇതാണ് പറഞ്ഞിരിക്കുന്നത് അധ്യയനം ചെയ്യാത്തത് കൊണ്ട് ഗുരുവിന്റെ ഗുരുവിനെ പറഞ്ഞിരിക്കുന്നു ഉപനിഷത്ത് രഹസി വേറെ ആരെങ്കിലും പറഞ്ഞാണോ ഗുരുവിൻ പറഞ്ഞിരിക്കുന്ന എന്താണോ പ്രദേശത്തിന്റെ ഉക്തിയാണ് താൻ ഈ എഴുതി വച്ചിരിക്കുന്നത് വേദത്തിന്റെ അതിന്റെ ആശാ എഴുതി എന്താണോ വേദാഗമ സാരങ്ങൾ പറഞ്ഞ ഗുരുവൻ താൻ വേദാഗമത്തിന്റെ സാരം അറിഞ്ഞാണെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇന്നിപ്പോ ഓരോരുത്തരും വേദം അധ്യയനം ചെയ്യണം എന്താണ് എന്ന് പറഞ്ഞാൽ വേദാധ്യനം ചെയ്ത അദ്വൈതം ഞാനുണ്ടാകണമെന്നൊന്നുമില്ല ഈ അദ്വൈതം ഞാനൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് ഈ വ്യാഖ്യാനങ്ങളിൽ നിന്നാണ് വേദത്തിൽ നിന്നും കിട്ടില്ല പിന്നെ അതാണ് പറയുന്നത് സമ്പ്രദായം സമ്പ്രദായത്തെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയും എന്താ നിങ്ങൾ വേദം മുഴുവൻ പഠിച്ചു എന്ന് വിചാരിച്ച് അദ്വൈതം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ഷത്തും ബ്രഹ്മസൂത്രവും പിടിച്ചാലും എന്ന് പറയുന്നത് ഗ്രഹണസ്യ ച വേദാധ്യയനം എന്ന് പറയുന്നത് സ്വാധ്യായോ അധ്യതവ്യ സ്വാധ്യായോ അധ്യേതവ്യന്ന് പറയുന്ന വേദവിധിയിലൂടെ വിധി അധ്യയന അധ്യയനത്തിലൂടെ നീതത്വം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു തസ്മാത് വേദാധ്യയന അഭി അത ശബ്ദാർത്ഥ ഇത്യഹ തസ്മാ അതുകൊണ്ട് എന്താണ് വേദാധ്യന ആനന്ദര്യമേവ അതെന്തായാലും വേണം ജ്യേഷ്ഠയ സമ്പത്ത് ഇനി പറയാൻ പോവുകയാണ് വേദാധ്യന ആനന്ദര്യം എന്ന് പറയുന്നത് അഭി എങ്ങനെയാണോ ധർമ്മ ജിജ്ഞാസയിൽ വേദാധ്യന ആനന്ദര്യം വരുന്നത് അത് പോലെയെന്ന് പറയുന്നതിനാണ് അഭിഎന്ന് പറഞ്ഞു ഇവിടെ അർത്ഥം എന്താണ് ഇത്യ ഇതാണ് ഭാഷ്യത്തിൽ പറഞ്ഞത് എന്താണ് സ്വാധ്യായ ആനന്ദരേന്ദു സമാനം ധർമ്മ ബ്രഹ്മജിജ്ഞാസ്യോഹോ ഭാഷകാരം പറഞ്ഞു സ്വാധ്യായ യും സുസ്വശാഖയുടെ അധ്യയനം എന്ന് പറയുന്നത് സമാനം തുല്യമാണ് ആർക്ക് ധർമ്മം ബ്രഹ്മ ജിജ്ഞാസയോ ധർമ്മ ഭാഷകാരം പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇവിടെ ഭാഷകാരം എന്ത് ചെയ്തു വേദാധ്യയനമുള്ളവന് മാത്രമേ ഇവിടെ ബ്രഹ്മ ജിജ്ഞാസയ്ക്ക് അധികാരമുള്ളൂ വേദാധ്യയനത്തിലൂടെയുള്ള ീ ശാസ്ത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ പറയുന്നതിലൂടെ ഇവിടെ എന്താണ് വേദപൂർവകമായി ബ്രഹ്മവിചാരം ചെയ്യാണ് ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ വേദവാക്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാണ് ബ്രഹ്മവിചാരം ചെയ്യുന്നത് അപ്പോ ഈ ശാസ്ത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവൻ എന്ത് കഴിഞ്ഞിരിക്കണം അപ്പൊ വേദാതി ആർക്കു പ്രവേശിക്കാൻ പറ്റൂർ ഡ്രൈവറിനെ ആർക്കു മറ്റുള്ളവർക്ക് പറ്റത്തില്ല മറ്റുള്ളവർക്ക് ബ്രഹ്മജ്ഞാനം വേണമെങ്കിൽ മറ്റാരെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതല്ല അതൊക്കെ വായി വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കും